ധ്യായം നാല് മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ എരുശലേം നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയം അടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വെക്കുക പിന്നെ ഒരു ഇരുമ്പുച്ചട്ടി എടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പുമതിലായി വയ്ക്കുക നിന്റെ മുഖം അതിന്റെ നേരെ വെച്ച് അത് നിരോധത്തിൽ ആകേണ്ടതിന് അതിനെ നിരോധിക്കാം ഇത് ഇസ്രയേൽ ഗ്രഹത്തിന് ഒരു അടയാളം ആയിരിക്കട്ടെ പിന്നെ നീ ഇടത്തുവശം ചരിഞ്ഞുകിടന്ന് ഇസ്രയേൽ ഗ്രഹത്തിന്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം ഞാൻ അവരുടെ അതിർത്യത്തിന്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണും അങ്ങനെ മുന്നൂറ്റി ദിവസം നീ ഇസ്രയേൽ ഗ്രഹത്തിന്റെ അകൃത്യം വഹിക്കണം ഇത് തികച്ചിട്ട് നീ വലത്ത് വശം ചെരിഞ്ഞുകിടന്ന് യഹൂദാ ഗ്രഹത്തിന്റെ അതിർത്യം വഹിക്കണം ഒരു സംവത്സരത്തിന് ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു നീ എരുശിലേമിന്റെ നിരോധത്തിന് നേരെ നിന്റെ മുഖവും നഗ്നമായ ഭുജവും വെച്ച് അതിനു വിരോധമായി പ്രവചിക്കണം നിന്റെ നിരോധകാലം തികയുവോളം നീ ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ഞാനിതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു നീ കോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ട് അപ്പമുണ്ടാക്കുക നീ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം മുന്നൂറ്റി ദിവസം അത് തിന്നണം നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് ഇരുപത് ശെക്കൽ തൂക്കമായിരിക്കണം നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു വെള്ളവും അളവ് ഹീനിൽ ആറിൽ ഒരു ഓഹരി നീ കുടിക്കേണം നേരത്തോട് നേരം നീ അത് കുടിക്കണം നീ അത് യവദോശ പോലെ തിന്നേണം അവർ കാണുക നീ മാനുഷമലമായ കാഷ്ടം കത്തിച്ച് അത് ഇങ്ങനെ തന്നെ ഇസ്രയേൽ മക്കൾ ഞാൻ അവരെ നീക്കിക്കളയുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ ആഹാരം മലിനമായി ഭക്ഷിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്തു അതിന് ഞാൻ അയ്യോ യഹോവയായ കർത്താവേ എനിക്കൊരിക്കലും ഒരു മാലിന്യവും ഭവിച്ചിട്ടില്ല ഞാൻ ബാല്യം മുതൽ ഇന്നുവരെ താനെ ചത്തതിനെയോ പറ കീറിപ്പോയതിനെയോ തിന്നിട്ടില്ല അറപ്പായുള്ള മാംസം എന്റെ വായിൽ വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു അവൻ എന്നോട് നോക്കുക മാനുഷകാഷ്ടത്തിനു പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണകം അനുവദിക്കുന്നു അത് കത്തിച്ച് നിന്റെ അപ്പം ചുട്ടുകൊഴുക എന്ന് കൽപ്പിച്ചു മനുഷ്യപുത്ര അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിനും ഓരോരുത്തനും സ്തംഭിച്ച് അകർത്യം നിമിത്തം ക്ഷയിച്ചു പോകേണ്ടതിനും ഞാൻ എരിശിലേമിൽ അപ്പമെന്ന കോൾ ഒടിച്ചുകളയും അവർ തൂക്കപ്രകാരവും പേടിയോടെയും അപ്പം തിന്നും അവർ അളവുപ്രകാരവും സ്തംഭനത്തോടെയും വെള്ളം കുടിക്കുമെന്ന് അവൻ എന്നോട് അരുളിച്ചെയ്തു